രാത്രിയും പകലും സൂര്യനും ചന്ദ്രനും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾ സൂര്യനിലേക്കോ ചന്ദ്രനിലേക്കോ സുജൂതു ചെയ്യരുത് നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവയെ സൃഷ്ടിച്ച അള്ളാഹു സുബഹാനഹൂവ തായാലാക്ക് സുജൂതു ചെയ്യുക